നിങ്ങളുടെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അവർ സമ്പാദിച്ച കാര്യങ്ങൾക്ക് അവൻ അവരെ ശിക്ഷിച്ചിരുന്നെങ്കിൽ അവർക്ക് ശിക്ഷ വേഗത്തിലാക്കുമായിരുന്നു എന്നാൽ അവർക്ക് ഒരു നിശ്ചിത സമയമുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് ഒരിടവും കണ്ടെത്താനാവില്ല